രണ്ടാം ശ്ലോകം അരുളാൽ വരും ഇൻപം അൻപ് അരുളാൽ വരും ഇൻപം അൻപകന്നൊരു നെഞ്ചാൽ അരുളാൽ വരും ഇൻപം അൻപ അകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റുമല്ലലിൻ ഇരുൾ അൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും അരുളാൽ വരും ഇമ്പ അൻപകങ്ങൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാമിതേദിനും അരുൾ ഗുരുദേവൻ തമിഴ്സിദ്ധന്മാരോടുള്ള ബന്ധം കൊണ്ടാകാം അഗസ്ത്യസമ്പ്രദായവുമായി തമിഴ് ശൈവ സിദ്ധസമ്പ്രദായവുമായൊക്കെയുള്ള ഗുരുദേവന്റെ അടുപ്പം കൊണ്ടാകാം അവിടെ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ ധാരാളം ഇതിലുണ്ട് മറ്റു കൃതികളിലും കാണാം അതുകൊണ്ടവ നിങ്ങൾക്ക് പാലക്കാടുള്ളവർക്ക് കുറച്ച് എളുപ്പമുണ്ടാകും കാരണം തമിഴുമായൊരു ബന്ധം കിടപ്പുള്ളവർക്ക് അല്ലാത്തവർക്ക് ഈ പദങ്ങളൊക്കെ മലയാളമാണോ എന്ന സംശയവും ചിലപ്പോൾ തോന്നും അരുള് അറിവ് എന്ന അർത്ഥത്തിലും അനുകമ്പ എന്ന അർത്ഥത്തിലും ശാസ്ത്രങ്ങളിൽ പ്രയോഗിക്കാറുണ്ട് അനുകമ്പ തന്നെയാണ് അറിവ് എന്ന അർത്ഥത്തിൽ അവിടെ പ്രയോഗിക്കുന്നത് അനുകമ്പയുള്ള മൊഴി എന്ന അർത്ഥത്തിൽ അരുൾമൊഴി എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ും ഇം സഹജീവികളോടുള്ള അനുകമ്പ കൊണ്ട് പ്രകടമാകുന്ന പ്രേമം ഇമ്പം പഴയകാലത്ത് ഇമ്പമുള്ളവർ മാത്രമേ കുടുംബജീവിതം തിരഞ്ഞെടുക്കുകയുള്ളായിരുന്നു ഇമ്പമുള്ളവർ മാത്രമേ സന്യസിക്കുകയുള്ളായിരുന്നു ിയാൽ ഇമ്പമില്ലാത്തതുകൊണ്ട് ദാമ്പത്യമെല്ലാം അനുനിമിഷം വിവാഹമോചനമാണ് ഒന്നിച്ചൊക്കെയാണെന്ന് തോന്നിയാലും ഒന്നിച്ചല്ല ഇമ്പമില്ലാത്തവന്റെ ജീവിതം കഷ്ടമാണ് ജീവിതത്തിലാകെ വേണ്ടത് ഇമ്പമാണ് ഇമ്പത്തിന് പ്രേമെന്ന് പറയാം പ്രേമം സ്നേഹമല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുള്ളതാണ് കാമം നിങ്ങൾ പാലക്കാട്ടുകാരുടെ തൂമ്പ പോലെയാണ് ഇങ്ങോട്ട് മാത്രം മതി ഒന്ന് വളഞ്ഞി ഇങ്ങോട്ട് വെട്ടിയിടാനേ പറ്റൂ അങ്ങോട്ട് പോവില്ല അത് കാമമാണ് ഇമ്പെന്നത് ഇങ്ങോട്ടൊന്നും വേണ്ടാത്തതാണ് അത് അങ്ങോട്ട് മാത്രമുള്ളൂ അതിൽ മാത്രമേ ആനന്ദമുണ്ട് അക്കൗണ്ടൻസിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ടു വാട്ട് ഗോസ് ഔട്ട് എം എന്തുങ്ങോട്ട് വരുന്നു അതൊക്കെ ഡെബിറ്റാണ് നിങ്ങൾ നോക്കുന്ന കണ്ടിട്ട് തെറ്റിയെന്ന് തോന്നുന്നു അക്കൗണ്ടൻസിക്കാരും അങ്ങനെ തന്നെ അല്ലേ അക്കൗണ്ടൻസി പഠിച്ച പിള്ളേരാരും ഇല്ലേ നിങ്ങളൊക്കെ പഠിച്ചതല്ലേ ഇല്ല നമ്മ അങ്ങനെയാണ് സംശയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് എന്ത് അങ്ങോട്ട് പോകുന്നുവോ അതാണ് ക്രെഡിറ്റ് അതാണ് അറിവ് അപ്പൊ ജീവിതത്തിൽ ഉടനീളം എനിക്ക് വേണ്ടി എന്ന സ്വേച്ഛയിൽ നിന്ന് പരേക്ഷയിലേക്ക് ഉയരണം പരേക്ഷയിലെ ഇമ്പമുള്ളൂ അതിനാണ് ആശ്രമങ്ങളൊക്കെ പണ്ട് വർണ്ണങ്ങളൊക്കെ പണ്ട് ब्रह्मचर्य गास्थ्यम वानप्रस्थ स्वे गास्े परेक्ष अल वनप्रस्थ प्रचलित व्यक्ति विसु गास्वाल आनिमल ആധുനിക വിദ്യാഭ്യാസത്തിൽ ആനിമൽ ഇൻസ്റ്റിങ്റ്റ് തീർക്കാനായി പോക്ക് അപ്പോൾ അവൻ ആനിമൽ ആണെന്ന് അവന് തന്നെ അറിയാം ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ് ഈസ് ഉള്ളി അൻ ആനിമൽ അവന്റെ എല്ലാ പ്രവർത്തനവും ഇൻസ്റ്റിങ്റ്റേനിയസാണ് ഇൻസ്റ്റിങ്റ്റിന് അപ്പുറം കിടക്കുമ്പോഴേ ദുർലഭമായ നരജന്മമുള്ളു ജന്തുനാം നരജന്മ ദുർലഭമത അപ്പൊ ഇൻസ്റ്റിങ്കിനെ കിടക്കുന്ന ഒരവബോധം വരികയും മാനവനായി മനനം ചെയ്യുന്നവനായിത്തീരുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഇച്ഛയിലാണ് ആന്തോളനം ഉണ്ടാകുന്നത് എവിടെ സ്വേച്ഛയെ പരിത്യരിക്കുവാൻ കഴിയുകയും പ്രകൃത്യ എവിടെ പരേക്ഷയെ തന്റെ ഇച്ഛയാക്കാൻ വികസിക്കുകയും ചെയ്യുന്നുവോ അവൻ കുടുംബസ്ഥനായിട്ടേ കാര്യമുള്ളൂ അല്ലാത്തവൻ ഗാർഹസ്ഥ്യം ചുമന്നാൽ കഴുത ചന്ദനം ചുമന്ന പോലാവും അതുകൊണ്ട് ഇതിനാദ്യം വേണ്ടത് എന്റെ ഇച്ഛയെ ആരോടെല്ലാം ഞാൻ സഹവർത്തിക്കുന്നുവോ അവരുടെ ഇച്ഛയിലേക്ക് പരിണമിപ്പിക്കാനും അതിനായിക്കൊണ്ട് എൻ്റെ മനസ്സും ശരീരവും ധനവുമെല്ലാം ഉപയോഗിക്കുവാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത് അതുകൊണ്ട് പണ്ട് എല്ലാ ഗൃഹസ്ഥരും ഇഷ്ടപ്പെട്ടത് പണിക്കാർക്ക് അന്നം കൊടുക്കാനാണ് ഇന്ന് ഇഷ്ടപ്പെടുന്നത് അതും കൂടെ കൂലിയിൽ പറഞ്ഞു എന്ന് പറയാനാണ് മനസ്സിലായില്ല വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ നോക്കിയറിയാം കാരണം അവന് കൊടുക്കുന്ന കൂലിയേക്കാൾ അവൻ താൻ വിളമ്പിക്കൊടുക്കുമ്പോൾ തൃപ്തിയോടുകൂടി ഉണ്ണുമ്പോൾ ഞാനാണ് ഉണ്ണുന്നതെന്നുള്ള ബോധത്തിൽ തൃപ്തിയിലായിരുന്നു പാരസ്പര്യം നിലനിന്നിരുന്നത് എനിക്കുണ്ടാക്കാനൊന്നും പറ്റിയില്ല വീട്ടിൽ ഭർത്താവ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവന്നാൽ ഭാര്യയുടെ കൂടെ രണ്ടു കൂട്ടുകാർ വന്നാൽ മക്കളോടൊപ്പം രണ്ടുപേരും വന്നാൽ വല്ലാത്ത അസ്വസ്ഥതയാണ് ഇതിനൊക്കെ വെക്കാനും വിളമ്പാനും ഒന്നും ഇവിടെ ആർക്കും അടുത്ത് വെച്ച് രഹസ്യായിട്ട് പുറമേ നല്ല മുഖം എനിക്ക് സോപ്പായിട്ട് വർത്തുവാനോ പറയും അതാണ് വിദ്യാഭ്യാസത്തിന്റെ ആകെ നേട്ടം അല്ലാതെ എന്തായി വിദ്യാഭ്യാസം കൊണ്ട് നേടിയിരിക്കുന്നത് നിങ്ങളുടെ എം എ ആയിക്കോട്ടെ പി എച്ച് ഡി ആയിക്കോട്ടെ എം ഇതല്ലാതെ വേറെ വിദ്യാഭ്യാസം ഒന്നും ഇല്ല ഇരിപ്പ് കണ്ടിട്ട് ശരിയല്ലെന്ന് ഞാൻ പറയുന്ന ഒരുമാതിരി തെറ്റാണെന്ന് തോന്നി അല്ലോലേനിയുക്കി സോപ്പിട്ട് പുറമേ ഒരു വർത്തമാനവും അകത്തോട്ട് പോയി ഇതിനുള്ള നമുക്ക് വിദ്യാഭ്യാസം മറ്റല്ല ജീവിതം സാർത്ഥകമാകുന്നത് അന്യജീവൻ ഉതകിയ അനുകമ്പാദശകത്തിൽ നിന്നാണോ ആത്മോപദേശതകത്തിൽ നിന്നാണോ എന്ന് പറയാനാവില്ല കുമാരനാശാനിത് വിവേകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ വിവേകത്തിനൊരു അനുകമ്പ കലർന്ന നിർവചനം ഗുരുദേവന്റെ ചിഹ്നസ്വാമി നൽകുന്നതാണ് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിച്ചിരുന്നത് പിന്നെയാണ് അദ്ദേഹം ഗതിമാറുന്നത് പാഷാന്റെ കൃതികളിൽ ഇത് കാണാം അപ്പം അതുപോലെ അരുൾ അനുകമ്പ അനുകമ്പയാൽ വരുന്ന ഇമ്പം അനുകമ്പയില്ലെങ്കിൽ പ്രേമില്ല സസ്യജാലങ്ങളോടും ജന്തുക്കളോടും കുടുംബാംഗങ്ങളോടും കൂട്ടായ്മയോടും താനിരിക്കുന്നിടത്തോടും എല്ലാം ഇമ്പമുണ്ടാകുന്നത് അനുകമ്പ ിമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലൽ അരുളുകൊണ്ടിമ്പുണ്ടാവും അൻപില്ലാത്ത നെഞ്ചുകൊണ്ട് നെഞ്ചിൽ അല്ലലുണ്ടാവും രണ്ടെണ്ണമാണ് ഒന്ന് എല്ലാ തരത്തിലുള്ള ുള്ളിൽ പ്രേമില്ലായ്മ കൊണ്ടാണ് വരുന്നത് ജീവിതത്തിന്റെ സമസ്ത പ്രശ്നങ്ങളുടെയും പരിഹാരം അനുകമ്പയാണ് ഒരുപാടൊന്നും നോക്കണ്ട ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു കഷ്ണം റൊട്ടിയും ഒരു കട്ടൻ കാപ്പിയും മതിയായിരുന്നു പ്രേമമുള്ളൊരമ്മക്ക് തൻ്റെ കുഞ്ഞിന്റെ മാരകമായ വിഷമജ്വരം പോലും അകറ്റാൻ പാലക്കാട് ഗ്രാമങ്ങളിൽ ഒന്നും വന്ന ഡോക്ടർമാരില്ല ആയുർവേദവും ഇല്ല അലോപ്പതി ഇല്ല ഹോമിയോപ്പതി ഇല്ല സിദ്ധയും ഇല്ല പാണി കീലിങ്ങും ഇല്ല റെയ്ക്കും ഇല്ല ഒരു മണ്ണാങ്കട്ടയില്ല കുഞ്ഞിന് പനി വന്നാൽ നഞ്ചോട് ചേർത്ത് പിടിച്ച് തന്റെ പരദേവതയെ എല്ലാം പ്രാർത്ഥിച്ച് കയ്യിൽ ഒരു ചരടും കെട്ടി ഒരു റൊട്ടി കട്ടൻ കാപ്പിയിൽ മുക്കിക്കൊടുത്ത് വൈകുന്നേരമാവുമ്പോഴേക്ക് കുഞ്ഞിന്റെ പനി പോയിരുന്നു ശരിയല്ല ഈ ഇതിഹാസമൊക്കെ അതിശോക്തിയാണ് കള്ളമാണ് തോന്നില്ലേ ഞാൻ പറഞ്ഞ കള്ളമാണെന്ന് തോന്നുന്നില്ലേ എന്നാ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് ഒരു മുപ്പത് കൊല്ലത്തിനപ്പുറം ഒരു പൊടിയനെക്കഞ്ഞി ഒരു മുളക് ചുട്ട് അതിന്റെ അരിയെടുത്ത് കളഞ്ഞ് വെള്ളത്തിൽ പൊട്ടിച്ച് അല്പ ഉപ്പും ചേർത്ത് മടിയിൽ തളർന്നു കിടക്കുന്ന കുഞ്ഞിന് കോരിക്കൊടുത്ത് അതിനെ ഒരു തമ്പിളിയും പുതപ്പിച്ച് കിടത്തി അടുക്കയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ ചിത്രം കേരളത്തിൽ സർവസാധാരണമായിരുന്നു ഇന്നോ ഒരു ലക്ഷം കമ്പനികൾ ലക്ഷോപലക്ഷം വരുന്ന വൈദ്യനിശാരകന്മാർ പല ശാഖകളിൽ വിദ്യാഭ്യാസമുള്ള അമ്മയും അച്ഛനും അവസാനമോ ഈ പനി പലതായി പരിണമിച്ച് തെക്ക് പുറത്തെ പറമ്പിൽ കുഴിച്ചിടുന്നു മരുന്നിൻ്റെ കുറവ് ഡബ്ല്യു എച്ച്ഒയുടെ ശാസനയുടെ കുറവ് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യവും ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനൊന്ന് തുമ്മിയാൽ അതിന് പരിഹാരം കാണാനുള്ള ശാസ്ത്ര ഗവേഷണ രംഗങ്ങളുമുള്ള അമേരിക്കയുടെ തീരപ്രദേശത്ത് കത്രീന ഒന്ന് ആഞ്ഞടിച്ചപ്പോൾ ഒരു ചുക്കും ചുണ്ണാമ്പും ശാസ്ത്രത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല അതിന്റെ തലവൻ ഇന്നലെ രാജിവെച്ചിരിക്കില്ലാത്തോണ്ട് സുനാമി വന്നപ്പോ തമ്മിൽ തമ്മിൽ സഹകരിച്ചു മന്ത്രിമാരും എം എൽ എമാരും സോഷ്യൽ വർക്കേഴ്സും ഒന്നും വന്നിട്ടല്ല ജീവൻ രക്ഷപ്പെടണമെങ്കിൽ മിനിമം വിവരം മനുഷ്യൻ ഉണ്ടാകണം വിവരമുണ്ടാകണമെങ്കിൽ പ്രേമം വേണം പ്രേമം കൊണ്ടുണ്ടാകുന്ന വിവരമൊന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നൊന്നും പഠിക്കാനാവില്ല അതിന് കൂടിയിരുന്ന് രാവിലെ രണ്ട് മസാലദോശയും ഉച്ചയ്ക്ക് കുറെ ചോറുമുണ്ട് പിരിയാൻ മാത്രമേ പറ്റൂ ഉള്ളിൽ പ്രേമം ഉണ്ടാവൂ അറിവ് പ്രേമം അരുളിൽ നിന്ന് മാത്രമേ ഇമ്പമുണ്ടാവൂ അനുകമ്പയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ പ്രേമം വർഷിക്കൂ അതില്ലെങ്കിൽ അൻപകന്നൊരു നെഞ്ചാൽ അൻപ ദയാ ഭൂതദയാ അതകന്ന നഞ്ചാൽ വരും അല്ലലൊക്കെയും മനുഷ്യനവന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരങ്ങളും അവന്റെ ദുഃഖങ്ങളുടെ കാരണങ്ങളും അന്വേഷിക്കുന്നത് അന്യലിലും അന്യവസ്തുക്കളിലുമാണ് ഞാനും നിങ്ങളുമല്ല ദുഃഖമുണ്ടായാൽ ഭർത്താവ് കാരണം ഭാര്യ കാരണം മക്കൾ കാരണം അച്ഛൻ കാരണം ഗുരു കാരണം ശിഷ്യൻ കാരണം കാറ്റ് കാരണം മഴ കാരണം ഇങ്ങനെ ഈതിബാധകളെല്ലാം അപഗ്രഹിക്കുന്ന ബുദ്ധിശാലിയായ മനുഷ്യൻ ഒന്നു മാത്രം മറന്നുപോകുന്നു എന്റെ ഉള്ളം അൻപകന്നോ ഇല്ലയോ സകല ദുഃഖങ്ങൾക്കും കാരണം അൻപകന്ന നെഞ്ചാണ് വളരെ സ്പഷ്ടമായിട്ടവരുന്നത് ഒരുപാട് യാടയൊന്നുമില്ല കാര്യം സ്ട്രെയിറ്റ് ആണ് ഇനി ഒന്ന് ചിന്തിച്ചു നോക്കേ ഇന്ന് വരെയുള്ള ദുഃഖത്തിന് കാരണം എന്റെ ഉള്ളിൽ പ്രേമില്ലാത്തത് മാത്രമല്ലേ അല്ലാതെ എന്തു ദുഃഖമാണ് മാനവൻ പേറുന്നത് പ്രേമിക്കാൻ അറിയാവുന്നവൻ ദുഃഖിക്കുന്നില്ല പ്രേമിക്കാൻ പഠിപ്പിക്കാനാവില്ല പ്രേമം ആത്മാവിൻ്റെ സ്വഭാവമാണ് ജടത്തിൻ്റെ സ്വഭാവമല്ല ആത്മബോധമുള്ളവന് പ്രേമം ഉണ്ടാവും അജ്ഞാനിക്ക് പ്രേമം ഉണ്ടാവില്ല ജ്ഞാന അജ്ഞാനങ്ങളെ തിരിച്ചറിയുന്നത് പ്രേമം കൊണ്ടാണ് പുസ്തകത്തിൻ്റെ പേജും ഖണ്ണികയും പറഞ്ഞ് എന്നെപ്പോലുള്ളവർ പ്രസംഗിക്കുന്നത് കൊണ്ടല്ലിക് ആസ്പെസ്റ്റോസിന്റെ ഇത ടി ട്വന്റി എന്ന പുസ്തകത്തിന്റെ എട്ടാം പേജിൽ ഏഴാം ഖണ്ണികയിൽ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെൻ്റെ പാണ്ഡിത്യത്തെ കുറിച്ചൊക്കെ വളരെ വായ പൊളിക്കും അതുകൊണ്ടൊന്നും അല്ലല് പോവില്ല അല്ലല് പോകാൻ ഒരു സാധനമേ ഉള്ളൂ പ്രേമം അതിന് പാണ്ഡിത്യമൊന്നും വേണമെന്നില്ല അതില്ലെങ്കിലോ ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല ഏതെല്ലാം രാഗങ്ങളിൽ രാമായണ ഭാഗവതാദികൾ വായിച്ചതുകൊണ്ടും കാര്യമില്ല അതൊക്കെ അന്യരെ തൃപ്തിപ്പെടുത്താൻ എന്ന വ്യാജേനെ വായിച്ച് ദുഃഖം വിതയ്ക്കാമെന്നേ ഉള്ളൂ അപ്പോഴും ദുഃഖം തന്നെയാണ് അല്ലിൽ പോകണമോ ഉള്ളിൽ അൻപ് വേണം അൻപോടെ പറയാൻ കഴിയണം അതില്ലാതെ പേശരുത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ തോന്നുന്നു ചില കടയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്നവർക്ക് വേണ്ടിയാണ് കടക്കാരന് വേണ്ടിയല്ല പാലക്കാട്ടെ കടയിലൊക്കെ എങ്ങനെ കണ്ട പോലും അല്ലേ ഒരൊമ്പതെണ്ണം ഉണ്ടെന്ന് തോന്നും ശരിയാണ് ഏ അരുമയാണ് അങ്ങനെയൊക്കെ കണ്ടുത്തോ രാവിലെ വന്നപ്പോൾ അത് കയറി കണ്ടിട്ടു അപ്പം വാക്ക് അൻപിയമ്മതായിരിക്കുന്നു മനസ്സ് അൻപ് നിറഞ്ഞതായിരിക്കുന്നു പ്രവൃത്തിയാകെ അൻപുകൊണ്ട് നിറയ്ക്കണം ഇത് ചെയ്താൽ അല്ലുണ്ടാവില്ല അപ്പോ അനുകമ്പയൊന്നുകൊണ്ട് മാത്രമാണ് പ്രേമുണ്ടാവുക അൻപകന്ന നെഞ്ചാണ് ഉള്ളമാണ് ദുഃഖങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ മനസ്സു നിറയെ അൻപുമായി പോയാൽ വീട് ക്ഷേത്രമായി സകല രോഗങ്ങളും കളയാൻ കഴിയുന്നത് അൻപിന് മാത്രമാണ് അത് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അറിയാം നല്ല അൻപ് ഉള്ള രോഗം പകുതി അടവിച്ചു തന്നെ പോകും വേണ്ട ഹോർമോണും വേണ്ടത്ര എൻസൈമുകളും ഒക്കെ അന്നേരം തന്നെ ഉണ്ടാവും ഡോക്ടറുടെ ഭാവഹാവാദികളിൽ നിന്ന് തന്നെ രോഗം ഊർജിച്ചു മരിക്കും ആ ശബ്ദത്തിൽ അൻപുണ്ടാവണം ശബ്ദം അൻപുള്ളതാകണമെങ്കിൽ അതിഥി പൂജനം ചെയ്തിട്ടുണ്ടാവണം അങ്ങനെയാണ് ശ്രുതി പറയുന്നത് അതായത് അനുകമ്പയുണ്ടാകണം അതിഥി പൂജനത്തിന് അനുകമ്പ വേണം ആശാ പ്രതീക്ഷ സങ്കതം സൂതൃതാംശ ഇഷ്ടം പൂർത്തം പുത്രൻ പശു ഇതൊക്കെ ഉണ്ടാകുന്നത് അതിഥി പൂജനത്തിൽ നിന്നാണ് വൈശ്വാനര പ്രവിശത്യതി ബ്രാഹ്മണോ ഗൃഹാൻ കഠുപനിഷ അവിടെയാണ് ഇത് പറയുന്നത് ആശ പ്രതീക്ഷ സങ്കതം സൂമൃതം നല്ല വാക്ക് നല്ല വാക്ക് നാവിൽ വരുന്നത് ബുദ്ധി കൊണ്ടുവരിയില്ല യുക്തി കൊണ്ടുവരില്ല പഠിച്ചാലും വരില്ല അത് സ്വമേധയാ നാവയിലേക്ക് എത്തണമെങ്കിൽ സരസ്വതീ കടാക്ഷം ഉണ്ടാകണമെങ്കിൽ അൻപു വേണം അൻപുള്ളവന് വേറൊന്നും വേണ്ട തന്നെ വരും അൻപകെ പറയാൻ കഴിയണം ചിന്തിക്കാൻ കഴിയണം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേ അൻപകന്നാൽ അല്ല െ മാറ്റും ആരാണി അൻപിനെ ഇല്ലാതാക്കുന്നത് അറിവില്ലായ്മ ഇരുൾ ഉള്ളിൽ ഇരുട്ട് വീണാൽ അൻപില്ലാതാകും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും സകല ദുഃഖങ്ങളുടെയും കരു കാരണം ഇരുളാണ് അറിവില്ലായ്മയാണ് അജ്ഞാനമാണ് ദുഃഖങ്ങളെല്ലാം പ്രേമില്ലായ്മയിൽ നിന്നുണ്ടാകുന്നു പ്രേമം ഇല്ലാതാകുന്നതോ അജ്ഞാനം കൊണ്ട് അതുകൊണ്ടൊരാൾക്ക് ജ്ഞാനമുണ്ടോ എന്നറിയുന്നത് പ്രേമത്തെ അവലംബിച്ചായിരിക്കണം യുക്തി വിചാരത്തെ പ്രേമമാണ് ഏറ്റവും വലിയ അറിവ് അതിലെ ശാന്തി ലഭിക്കൂ ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും സകല ദുഃഖങ്ങളുടെയും കരു കാരണം അറിവില്ലായ്മയാണ് എന്തിനും ഇത് കാരണമായി തീരും ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും സംസാരത്തിന് തന്നെയും കാരണമിതാണ് അജ്ഞത്വമാപതാം നിഷ്ഠ എന്ന് വസിൻ രാമനോട് പറയുന്നുണ്ട് അജ്ഞാന സകല ആപത്തുകളെയും കാണുന്നവനാണ് പ്രേമമുള്ളവൻ ആപത്തിനെ കാണുന്നില്ല ആപത്തൊഴിവാക്കുന്നതൊക്കെ അവന്റെ പ്രേമം കൊണ്ടാണ് എന്തു ചെയ്യുമ്പോഴും ഉള്ളിലെ പ്രേമത്തെ മാത്രമേ അവൻ കാണുന്നുള്ളൂ അത് ചെയ്താ വരാൻ പോകുന്ന അപകടം സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഒരു സൂക്ഷ്മ വെള്ളത്തിൽ നിന്നൊരാളെ രക്ഷിക്കാൻ അവൻ എടുത്തിയാടുമ്പോൾ അവന് ചിന്തയൊന്നുമില്ല കരയ്ക്ക് അവൻ പടമ രക്ഷ നോക്കൂല്ല ചാടാവോ ചാടാൻ മേലെയോ വെള്ളത്തിന് അത്ര ആഴം ഉണ്ട് ഒന്നുമില്ല ചാടിയാൽ മറ്റേയാള് നമ്മളെ പിടിച്ച് മുക്കിത്താത്ത അയാൾ രക്ഷപ്പെടുവോ ഒന്നും ചിന്തയില്ല അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചാടാനും ആവില്ല അതൊക്കെ ചിന്തിച്ച് വരയും കുറിയെടുത്ത് ഇറങ്ങാനുള്ള ധോണിയും കൊണ്ടുവരുമ്പോഴേക്ക് മറ്റവൻ ചത്ത് ജഡമേ പൊക്കാൻ പറ്റുമോ അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ക്രൈസിസ് മാനേജ്മെന്റ് പിന്നെ പത്രത്തിൽ അടിച്ചു വരും ജടം കിട്ടി അത് വലിയൊരു നേട്ടമാണ് കാരണം അത് കാരണം ഒരാഴ്ചത്തേക്ക് പത്രക്കാർ എഴുതാം തിരിച്ചും മറിച്ചും ഫോട്ടോ എടുക്കാം മറ്റതാകുമ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് നിൽക്കണല്ലോ മറ്റവരിതൊന്നും ചിന്തിക്കുന്നില്ല അവനെ നയിക്കുന്നത് പ്രേമം മാത്രമാണ് സകലജീവികളോടുമുള്ള പ്രേമം അതിൽ നിന്ന് എന്താപത്ത് വന്നാലും അത് ആപത്തല്ല ആപത്തും അവന് ആനന്ദമാണ് അങ്ങനെയുള്ളവർ കുറഞ്ഞു വരുന്നു വിദ്യാഭ്യാസമാണ് അവരെ കുറയ്ക്കുന്നത് കാരണം എന്തിലും ആലോചിക്കണം എന്തിലും ചിന്തിക്കണം വരും വരാഴികകളൊക്കെ നോക്കണം ഇങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് വശാവുന്നത് അവസാനവും ചിന്തിച്ച് ചിന്തിച്ച് ഭ്രാന്തനായിത്തീരും ഈ ലോകത്തിനൊരു സുതാര്യതയാണ് അതിനെ നയിക്കുന്നത് പ്രേമമാണ് അവിടെ നിയമങ്ങളൊന്നുമില്ല നീതിശാസ്ത്രങ്ങളൊക്കെ കോഷ്ക പ്രേമത്തിന് മുമ്പിൽ യാതൊരു രാഷ്ട്ര നിയമങ്ങളുമില്ല വ്യക്തി നിയമങ്ങളില്ല അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് വിചാരിച്ചാൽ എളുപ്പവുമല്ല അത് സ്വഭാവത്തിലുണ്ടായിരിക്കണം ഉണ്ടെങ്കിലേ ഇത് കേട്ടിട്ട് കാര്യ നാളെ മൂല ഞാൻ അനുകമ്പ പഠിക്കും പിന്നെ അതിന് കുറെ പുസ്തകങ്ങളും അതും ചിലപ്പോൾ എം ബി എ രീതിയിൽ പഠിപ്പിക്കുന്ന രീതി വന്നേക്കാം അപ്പൊ എല്ലാം എം ആണ് അല്ലേ പുതുതായിട്ട് അനുകമ്പയുടെ ക്ലാസ് കാരണം അനുകമ്പ വന്നപ്പോ ഒരു ഭിക്ഷക്കാരൻ ഒരു ഭിക്ഷാന്തേഹി കൊച്ചു പയ്യനാണ് ബ്രഹ്മചാരിയാണ് അതിൽ ഭിക്ഷയിടിക്കാൻ ചെന്നു വീട്ടുമുറ്റത്ത് കയറി അമ്മയോട് പ്രാർത്ഥിച്ചു ഭിക്ഷാന്ഹി ആ അമ്മ വിഷമിച്ചു തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ബ്രഹ്മചാരി അയലിലെ വൈശ്വാനരൻ കത്തുന്നു കൊടുക്കാനൊന്നുമില്ല തൻ്റെ വീട്ടിൽ ഒന്നും ഇരിപ്പില്ല അമ്മ അവസാനം ചെന്ന് കയ്യിലിട്ടത് ഉപ്പിലിട്ട പാത്രത്തിലാണ് അതിലൊരു നെല്ലിക്ക ബാക്കി അമ്മ ആ ഉപ്പിലിട്ട നെല്ലിക്കയും കൊണ്ടുവന്നു ആ ബ്രഹ്മചാരിയുടെ കയ്യിലേക്ക് വയ്ക്കുമ്പോൾ ആ കണ്ണിൽ നിന്ന് തുള്ളി കണ്ണു തീർ ത്രിലോകജ്ഞനായ ബ്രഹ്മചാരി അമ്മയുടെ ദാരിദ്ര്യത്തെ മനസ്സിലാക്കി മഹാലക്ഷ്മിയോട് കനകധാരാസ്തോത്രം ജപിച്ചു ആ പ്രേമം പുഷ്കലമായപ്പോൾ ആ മുറ്റത്ത് നിറയെ കനക നെല്ലിക്കകൾ വിളു ഇതന്ധക്കാലം ഇന്ന് ശങ്കരമഠവും ആലൂക്കാസും ചേർന്ന് ഇരുപത്തൊന്ന് ആചാര്യന്മാർ കനകധാരാസ്തോത്രം ജപിച്ച് സമ്പന്നന് നെല്ലിക്ക കൊടുക്കുന്നു എം പ്രേമം ഇത് കേട്ടില്ല നിങ്ങളൊന്നും മേടിച്ചില്ല ഞങ്ങള് സ്വാമിമാരൊക്കെ കനകാലിക്കാൻ മേടിക്കാൻ ആലൂക്കാതിൽ പോയി കൊണ്ടിരിക്കുന്നതല്ലോ അപ്പൊ നിങ്ങളൊന്നും ഇത് അറിഞ്ഞില്ല ഏ അറിഞ്ഞില്ല ഞങ്ങൾ ശങ്കരമുടത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണന്റെ ഭാര്യയായ മഹാലക്ഷ്മി വിഷ്ണുവിന്റെ അല്ല വിഷ്ണുവിന്റെ അല്ല പരസ്യമൊന്നും കണ്ടില്ല ശ്രീകൃഷ്ണന്റെ ഭാര്യയായ മഹാലക്ഷ്മി പ്രസാദിപ്പിക്കാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആചാര്യന്മാർ ഇരുപത്തിയൊന്ന് പേർ നാൽപ്പത്തി ഒന്ന് രാവും പകലും ഇരുന്ന് കനകധാര സ്ത്രോത്രം ജപിച്ച് പ്രത്യേകം തയ്യാറാക്കിയ സ്വർണ്ണ നെല്ലിക്കാസുമായി ചേർന്ന് ഞങ്ങളിങ്ങനെ കൊടുക്കുക ഇതാണ് എം ബി എ പ്രേമ ഇതിൽ നെല്ലിക്ക വീരുവാണ് എന്നാ മിടുക്കന്മാരാണെങ്കിൽ അവരിൽ നിന്ന് ജവിച്ചാലും നെല്ലിക്ക വീഴണ്ടേ ശങ്കരനെ കളിയാക്കുന്ന നെല്ലിക്ക മനസ്സിലായില്ല കാലത്തിന്റെ പോക്ക് പെയ്യടെ ഒരു വീട്ടിൽ ചെന്നപ്പോ കണ്ടതുകൊണ്ടാണ് പറഞ്ഞ വീട്ടിൽ ചെന്നപ്പോ ഒരു അമ്മ എടുത്തോണ്ടെന്നു സ്വാമിജി ശങ്കരന്റെ നെല്ലിക്ക സ്വർണ്ണ നെല്ലിക്ക മകൻ ഈയ്യടെ മേടിച്ചുകൊണ്ടുവന്നാണ് ആലൂഖാസി പാലക്കാട് ഇല്ലെന്ന് തോന്നുന്നു വസ്ത്രമൊന്നും വായിക്കാറില്ല കണ്ടില്ല എങ്ങനെയുണ്ട് മറ്റേ നെല്ലിക്ക എങ്ങനെയാണ് വീഴുന്നത് അത് വീഴ്ക്കുന്നത് ആചാര്യന്മാർ കുത്തിയിരുന്ന് ജപിച്ചല്ല അത് വീഴ്ക്കുന്നത് ആരൂഖാസ് ഇരുപത്തിരണ്ട് കാരറ്റോ പതിനെട്ട് കാരറ്റോ ഉള്ള സ്വർണം കൊണ്ട് ഒരുക്കി എടുത്തുവല്ല അത് വീഴ്ക്കുന്നത് ഉത്കടമായ പ്രേമം കൊണ്ടാണ് ആ പ്രേമം എവിടുന്നാ വരുന്നത് ഇമ്പത്തിൽ നിന്നാണ് വരുന്നത് ഇമ്പം എവിടുന്നാ വരുന്നത് അനുകമ്പയിൽ നിന്നാണ് അനുകമ്പയാണ് പരമമായ സത്യം അതറിയുമ്പോൾ മാത്രമേ ആത്മാവ് സംതൃപ്തമാകുന്നുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ഇരുൾ അൻപിനെ മാറ്റും അജ്ഞാനം അൻപിനെ ഭൂതയെ ഇല്ലാതാക്കും കരുവാകും അല്ലലിന് അല്ലലിന് കരുവാകും ദുഃഖത്തിന് കാരണമാകും കരുവാകും ഏതിനും കരുവാം ഇതേതിനും സകല ദുഃഖങ്ങൾക്കും സമസ്ത സംസാരത്തിനും ഈ സംസാരം മുഴുവൻ ഈ അല്ലൽ മുഴുവൻ അജ്ഞാനത്തിൽ നിന്നുള്ളവാകുന്നതാണ് വീണ്ടും നോക്കാം മൂന്ന് അല്പം സ്പീഡിൽ പോകാം അല്ലേ കുഴപ്പമില്ല കാരണം പാലക്കാട് അനുഭൂമിക്ക് പോരും തീർത്തു തരാറുണ്ട് അതുകൊണ്ടാണ് അല്പം സ്പീഡിൽ പോകുന്നത് എവിടെയെങ്കിലും നല്ലപോലെ മനസ്സിലാകാതെ എന്നോട് പറഞ്ഞാൽ മതി ആളിറങ്ങി പോണമെന്ന് പറഞ്ഞാൽ മതി ഒന്ന് പയ്യെ പോവാം